ംവാദരാായ സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവ്തൗ പുനഃ പുനഃ സദാശിവസമാരംഭ ശരാചാര്യമധ്യമാചാര്യപര്യത വന്ദേ ഗുരുപരംപരാ ബോധാനന്ദംന്തമാത്മജം സച്ചിദാനന്തം നമ്മൾ അർബുദത്തിന്റെ ഏതാണ്ട് നല്ലൊരു ഭാഗം ഏതാണ്ട് ഇന്ന് ലോകം അർബുദത്തിന് നല്ലൊരു കൊലപാതകയുടെ സ്ഥാനം നൽകി കഴിഞ്ഞിട്ടുണ്ട് ഭയാശങ്കകള് വേണ്ടത്ര ഉണ്ടാക്കാൻ പോണതാണ് പഠനങ്ങൾ ഈ ഭയവും ആശങ്കയുമെല്ലാം ഉണ്ടാക്കുകയും ശാസ്ത്രം വൈദ്യശാസ്ത്രം സ്വയം രക്ഷകനായി ചെയ്യുന്നുണ്ടെങ്കിലും രക്ഷകൻ ആകാൻ ഭാഗത്തിനുള്ള കഴിവുകളും കരുത്തും ഒന്നും വൈദ്യശാസ്ത്രത്തിന് ഇല്ല എന്നുള്ളതാണ് അർബുദ ഗവേഷണ രംഗത്തും അർബുദ ചികിത്സാരംഗത്തും നാം പറ എന്തിനാണ് ഈ കോലാഹലങ്ങൾ ഈ പ്രചരണങ്ങൾ മിണ്ടാതിരുന്ന പോലെ മുതൽ ആയിരത്തി വരെ അമേരിക്കയിൽ പൊടിപൊടിച്ച കച്ചവടമാണ് ഇന്ന് മറ്റുദേശങ്ങളിൽ നടക്കുന്നത് എൻ്റെ താല്പര്യം വേറൊരു കച്ചവടമാണ് ഇന്ത്യയിൽ ഗവേഷകന്മാരല്ല അർബുദ ചികിത്സാരംഗം കൈയാടുന്നു മരുന്ന് കമ്പനികൾ ഇറക്കുന്ന മരുന്നുകൾ കുറിച്ച് തരാൻ കഴിയുന്ന ടെക്നീഷ്യന്മാർ മാത്രമാണ് പൂർണ്ണമായ കച്ചവട താല്പര്യത്തിൽ മാത്രമാണ് ചികിത്സ പൊടിപൊടിക്കുന്നത് അമേരിക്കയിലെ കച്ചവടം മറ്റു ദേശങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് സുഖജീവിതം നയിച്ചുപോരുന്ന ജനങ്ങളുടെ സൗഖ്യ സങ്കല്പങ്ങളെ മുഴുവൻ തകർത്ത് അസ്വ അസ്വസ്ഥത പടർത്തുവാൻ ഇന്ന് ധനാത്മക ശാസ്ത്രങ്ങളും ധനാത്മക സാഹിത്യവും ധനാത്മകമായ കലയും മൺമറയുക കൂടി ചെയ്തതോടുകൂടി പകരം എറണാത്മക സാഹിത്യവും എറണാത്മക ശാസ്ത്രവും എറണാത്മക കലയും രംഗപ്രവേശം ചെയ്യുക കൂടി ചെയ്തപ്പോൾ എറണാത്മക സംഭവങ്ങളെ പുലുകി മാത്രം ഗവേഷണങ്ങൾ ഈ കാലഘട്ടത്തിൽ ധനാത്മകതയ്ക്ക് അംഗീകാരം ഏതാണ്ട് പൂർണമായി തന്നെ നഷ്ടപ്പെടുന്നുണ്ട് മനുഷ്യ മനസ്സിന്ന് ആഗ്രഹിക്കുന്നത് ധനാത്മക ജീവിതമേ അല്ല വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സാർവലൗകിക പ്രതിഭാസമാണിത് എവിടെയെല്ലാം ഋണാത്മകമായി ചിന്തിക്കാൻ കഴിയുമോ അത് മുഴുവൻ ചിന്തിച്ചു വശാകുന്നവരെയാണ് ഇന്ന് നാം കാണുന്നത് ജീവിതം ധനാത്മകമാണ് എന്ന് അല്പമെങ്കിലും അറിയണമെങ്കിൽ ആധുനിക വിദ്യാഭ്യാസം അല്പം പോലും ഉണ്ടാവും പണം തീർത്തുമുണ്ടാവും ജീവിക്കാൻ ആവശ്യമുള്ളതിലേറെ പണത്തിലേക്ക് ജനിച്ചു വീഴുകയും ഭൗതിക വിഷയങ്ങളെ ആസ്പദമാക്കി വേണ്ടത്ര വിദ്യാഭ്യാസം ലഭിക്കുകയും ചെയ്താൽ ധനാത്മകങ്ങളായ എല്ലാ ചിന്തകളും അസ്തമിക്കും ഭയം ആശങ്ക സംശയം ഉത്കണ്ഠ ഇവയൊക്കെ വിദ്യാഭ്യാസത്തിന്റെയും പണത്തിന്റെയും ഉപഉൽപ്പന്നങ്ങൾ കൂടിയാണ് ശരി പഴയ കാലത്തെ രോഗങ്ങളൊക്കെ വീട് ഭരിച്ചിരുന്ന വിദ്യാഭ്യാസം ഇല്ലാത്ത വളരെ അപകടങ്ങൾ അവർ ദർശിച്ചാൽ പോലും രോഗിയെ ചുറ്റു ആദ്യം അവർ സമാധാനിപ്പിക്കും സരില്ല വേണം വർത്താവ് നല്ല വിദ്യാഭ്യാസമുള്ളവനായിരിക്കും മക്കൾ വിദ്യാഭ്യാസം ഉള്ളവരായിരിക്കും അവരൊക്കെ ഉത്കണ്ഠ കാണിക്കാൻ തുടങ്ങിയാൽ നിങ്ങളെന്താ മനുഷ്യ വെരുകിനെ പോലെ അടങ്ങുന്നത് അവിടെ പോയിരിക്കും കാറ് കയറിയാൽ പെയ്തൊഴിയും അതുകൊണ്ട് സമാനായിട്ടിരിക്കുക ഇങ്ങനെയുള്ള ചില ഒഴിവൊക്കെ പറഞ്ഞ് സമാനിപ്പിക്കും കേട്ടിട്ടുണ്ടോന്നറിയില്ല അപ്പോഴവരുടെ ഉള്ളിൽ തെളിഞ്ഞു വരും അതിന്റെ പരിഹാരം വൈദ്യന്റെ കുപ്പിക്കകത്തല്ല മരുന്ന് രൂപപ്പെടുന്നത് സമചിത്വതയുള്ള കുടുംബത്തിലെ കുടുംബിനിയുടെ അര അന്തരംഗത്തിലാണ് ഔഷധങ്ങൾ മുഴുവൻ അന്ന് രൂപപ്പെട്ടത് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കാം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കള്ളമായി കൂട്ടാം ഒരാളുണ്ട് അവിടെ നിങ്ങളാലും പരിചയമുള്ളവരല്ല ഞങ്ങൾ ഉടനെ പോയി അതിനുള്ള കൂട്ട് ശരിയാക്കി അപ്പൊ തന്നെ കൊടുത്തു പരിപാടി വരുന്നു വളരെ സമിത് സമചിത്വതയും ആക്ഷോഭ്യതയും തന്നെ രോഗം പതുക്കെ അവിടെ ഇറങ്ങി പോകും അപ്പോ ഇവിടെ ഇരുന്നിട്ട് വലിയ കാര്യൊന്നുമില്ല വിദ്യാഭ്യാസം ഉള്ളവർ ഭരിക്കുന്നത് രോഗം വേറൊരാൾക്ക് വന്നു എന്ന് കേട്ടാ മതി നിങ്ങൾ കാണുന്ന സങ്കല്പിച്ച് ബഹളവും കല്ലാറും അതിനൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോകും അവിടെ എവിടെയൊരാള് മഞ്ഞപ്പിത്തം വന്ന് മരിച്ചു അതിന് വാക്സിൻ ഉണ്ടോന്ന് ജോലി ചെന്നിരിക്ക മഞ്ഞപ്പിത്തം ഒന്നും ഇവിടെ എത്തിയിട്ടില്ല അയ്യായിരം ആയാലും അമ്പതിനായിരം ആയാലും നമുക്കും എടുത്തേക്കാണോ അവന്റെ മകൻ ക്യാൻസർ മരിച്ചു നമ്മുടെ കൊച്ചനും ചിലപ്പോ വന്ന് മരിച്ചു പോയാൽ അവന്റെ ഭാര്യയും പിള്ളേരും വെള്ളത്തിലാകാതിരിക്കാൻ ക്യാൻസർ വരുമെന്ന് ഇപ്പോഴേ എഴുതി പോളിസി എടുത്തേക്കാം ഈ പോളിസി എടുത്തു കഴിഞ്ഞിട്ട് ക്യാൻസർ വന്നില്ല എന്നിരിക്കട്ടെ പ്രീമിയം അടച്ചി മുടിയും അപ്പൊ ദിവസവും പോയി ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന എന്തോ പരി പിള്ളേര് ഈ സന്തോഷം എത്തില്ലെങ്കിൽ എങ്ങനെയാ മൂല നുണയാണ് മുടക്കി കാശ് മുതലാകണമെങ്കിൽ അത് പ്രീമിയം അടച്ചു കഴിയുമ്പോഴേ ക്യാൻസർ വരണം ആ പ്രീമിയത്തിനകത്താണ് ക്യാൻസറിന്റെ വീഞ്ഞ ഇരിക്കുന്നത് കാരണം ക്യാൻസറിനെ കുറിച്ചുള്ള ഭയമാണ് ആരോ പുളി എന്ന് പറഞ്ഞാൽ വായിൽ വെള്ളം അങ്ങനെയാണെങ്കിൽ ഈ പ്രീമിയം അടച്ച് ക്യാൻസർ എന്ന സങ്കല്പം വരുമ്പോ കോശങ്ങൾക്ക് കൈമാറുമോ പുളി എന്ന പദം കൊണ്ട് ഭൂമിനെ പുറപ്പെടുവെങ്കിൽ മറ്റൊന്നും സങ്കല്പം കൊണ്ടുണ്ടാകണം അല്ലെങ്കിൽ ഇതും ഉണ്ടാവില്ല ഭൂമ തച്ചാണെ പറയാം അപ്പം നിങ്ങൾ ഋണാത്മകമായ സാഹിത്യത്തിൻ്റെയും ഋരുണാത്മകമായ ചിന്തയുടെയും ഋണാത്മകമായ കലയുടെയും ലോകത്താണ് അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഗവേഷണങ്ങൾ ആകെ പുരോഗമിക്കുന്ന ഋണാത്മകതയിലൂടെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു നിങ്ങളുടെ ശാസ്ത്രം തന്നെ പറയുന്നത് അമീബ തുടങ്ങിയ ഏകസൽ ജീവിയിൽ നിന്ന് ജീവൻ പരിണമിച്ച് പരിണമിച്ച് കുരങ്ങായി കുരങ്ങ് പരിണമിച്ച് മനുഷ്യനായി എന്നാണ് ഇത് പഠിപ്പിക്കുന്ന ശാസ്ത്രം പറയാണ് കോഴി ഉണ്ടെങ്കിൽ പനിയുണ്ടാവും കോഴിപ്പനി എരി വന്നാൽ എരിപ്പനി വരും ലേശാടന കിളികൾ വന്നാൽ പനിയും ഒരു ജീവചക്രത്തിന്റെ സമഗ്രവും സാമഞ്ജസ്യവുമായ കൂട്ടായ്മയെ ഒരു ഭാഗത്ത് പരിണാമവാദത്തിലൂടെ അവതരിപ്പിച്ച ശാസ്ത്രത്തിന്റെ പിന്തുടർച്ചക്കാർ ആ പരിണാമ ഒരു കണ്ണി അതിനെ വംശം മുഴുവൻ നശിപ്പിച്ചില്ലെങ്കിൽ ഭീഷണിയാണ് എന്നുള്ളത് അതിന്റെ വംശത്തെ നശിപ്പിക്കാൻ പോയാൽ പരിണാമചക്രത്തിന്റെ ഒരു കണ്ണി മുറിഞ്ഞാൽ അതിനു പിന്നെ പരിണാമത്തിന്റെ അടുത്ത കണ്ണിയിലേക്ക് കടക്കാൻ എവിടെയാണ് നിങ്ങൾ ഇടം കൊടുക്കുന്നത് എന്റെ ചോദ്യം മനസ്സിലായോ എനിക്ക് അറിയില്ല എന്റെ ചോദ്യം നിങ്ങൾക്ക് ശാസ്ത്രീയമായി പിടിയുകയോ എന്ന് എനിക്ക് നിശ്ചയം പോരാ ബയോളജിക്കാർ ഇല്ല സോളജിയും പോട്ടണിയൊക്കെ പഠിച്ചാലുണ്ടോ രണ്ടാം പന്ത്രണ്ടാം ക്ലാസ് വരെയെങ്കിലും ഒക്കെ ഇത് പഠിച്ചിട്ടുണ്ടാവില്ലേ അതുമില്ല ഏ ഞാൻ പറഞ്ഞു വന്ന് ഓർത്ത് നോക്കി ജീവികളുടെ പരിണാമം ഡാർവിനെ അനുസരിച്ച് ഒറിജിനോ സ്പീഷീസ് റൈറ്റ് ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതില് അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് ഒറിജിന ഗ്രന്ഥമാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ വെച്ച് അത് റൈറ്റ് ആണെങ്കിൽ ആ പരിണാമത്തിലെ ഒരു കണ്ണിയാണ് ആ രീതിയിൽ അത് മനുഷ്യൻ എന്ന ദോഷമാകും എന്ന സങ്കല്പം തന്നെ പരിണാമവാദത്തിനെതിരാണ് അപ്പൊ നിങ്ങളുടെ പല വാദങ്ങളും പല വാദമുഖങ്ങളും അന്യ ആശ്രിതങ്ങളല്ല അന്യുന്യ വിരുദ്ധങ്ങളാണ് അപ്പൊ ഈ വാദങ്ങളൊക്കെ നിങ്ങൾ കച്ചവടത്തിന് രൂപപ്പെടുത്തിയതാണ് അറിവിന് രൂപപ്പെടുത്തിയല്ല ഇവ ശാസ്ത്രമല്ല ഇത് നിങ്ങളുടെ കച്ചവടത്തിന്റെ ചങ്ങലയിലെ കണ്ണികൾ മാത്രമാണ് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ ഞാൻ പറഞ്ഞ അത്ര ശരിയല്ലെന്ന് ശാസ്ത്രമെന്ന് ആരെങ്കിലും വിളിച്ചു പറയുന്ന കേട്ടോണ്ടിരുമ അന്തമായിട്ട് വിശ്വസിക്കരുത് അതിന് പകരം ആലോചിക്കണം തലേ അവാന്തര പരിണാമങ്ങളിലൂടെ രൂപാന്തരപ്പെട്ട് മനുഷ്യൻ എന്ന അവസ്ഥയിൽ വരെ എത്തിയിരിക്കുന്നതിൽ സമസ്ത ജീവജാലങ്ങളുടെയും കോശകോശാന്തര പരിണാമങ്ങളാണ് ഇവിടം വരെ അവനെ എത്തിച്ചതെങ്കിൽ ഈ രോഗത്തിലെ ഒരു ജീവിയും അവന്റെ ശത്രുവല്ല അതിലൊരു ജീവിയും അവന് രോഗം തരാൻ പര്യാപ്തമല്ല അവനെതിരെ അവൻ ഗൂഢാലോചന നടത്തുമ്പോൾ മാത്രമേ രോഗമുണ്ടാവൂ ഒരു വൈറസിനും ഒരമീബയ്ക്കും ഒരു ബാക്ടീരിയയ്ക്കും അതിന്റെ പരിണാമ ശൃംഖലയിലെ അങ്ങേയറ്റത്തെ കണ്ണിയായ അത് പരിണമിച്ച് ജനിതക പരിണാമത്തിലൂടെ രൂപാന്തരപ്പെട്ടു വന്ന തൻ്റെ തന്നെ ലക്ഷ്യസ്ഥാനമായി അതിനെ തകർക്കുവാനുള്ള ഇച്ഛ ഉണ്ടാവില്ല ഉണ്ടാകുന്നുവെങ്കിൽ നിങ്ങളുടെ പരിണാമബോധം തെറ്റാണ് ഭേദപ്പെട്ട പരിണാമത്തിന് വിധേയമായത് അത്രയും പരിണാമിക്കാത്തത് എരിഞ്ഞടങ്ങുകയല്ലാതെ അവ പരിണമിച്ചതിനെ പീഡിപ്പിക്കുവാൻ പര്യാപ്തമാവുക തന്നെ ഇല്ല പറഞ്ഞത് ശരി പോലെ ഇല്ല അതിന് കാരണം വേറെ ആരോ കോഴിക്കച്ചവടം നടത്തുന്നുണ്ട് അപ്പൊ ഇതിനെ കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിയുടെ ദിനാമിക്ക് കാശി കിട്ടുന്നു ശാസ്ത്രം കൊണ്ട് പോകുന്നതല്ല ശാസ്ത്രമായിട്ടതിന് യാതൊരു ബന്ധവുമില്ല നിങ്ങളുടെ ഭീകരപ്രവർത്തനം പോലെയാണ് ഞങ്ങളുടെ ഭീകരപ്രവർത്തനം പൈലറ്റ് മിലിറ്ററി കോഴ്സിന്റെ വകയാണ് നിങ്ങളുടെ പട്ടാളക്കാരന് കിട്ടുന്നത് ആ ചോദ്യം പറഞ്ഞുകൊണ്ട് പറയാം നിങ്ങളുടെ പട്ടാളക്കാരന് കിട്ടുന്ന ശമ്പളം പ്രൈവറ്റ് ആണെങ്കിൽ പതിനായിരം രൂപ പതിനയ്യായിരം രൂപ മന്ത്രി അത്ര ഇല്ലെന്നാ എനിക്ക് തോന്നാൻ അത്ര ഇല്ലെന്നാ എനിക്ക് തോന്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൂരിപ്പട്ടാളം മനസ്സിലായില്ല സാധാ പൊട്ടാളക്കാരന് ഇപ്പോഴ് ഇന്ന് കിട്ടുന്നത് പോലും പതിനായിരം രൂപ താഴെ ഉണ്ടാവുള്ളൂ എംബോൾ മെൻസ് ബേസിക് അതിൽ താഴെ ആയിരിക്കും ഒരു കേരണോ മേജലോ ഒക്കെ ആയാൽ ഒരു മുപ്പത് നാൽപ്പത് മാക്സിമം നമ്മുടെ ഇവിടെ നമ്മുടെ അക്കാഡമികളിൽ നിന്ന് ട്രെയിനിങ് കഴിഞ്ഞ് അഞ്ചോ ആറോക്കെല്ലാം സർവേ ചെയ്താലും സാധാ പട്ടാളക്കാരൻ ിൽ ചേർന്നാൽ പ്രൈവറ്റ് മിലിറ്ററി ഫോഴ്സിൽ ചേർന്നാൽ ഒന്നര ലക്ഷം രൂപ ശമ്പളം കിട്ടും അതുകൊണ്ട് പണിയെടുക്കാൻ അറിയാവുന്നവൻ പൊതുമേഖല നിൽക്കില്ല മനസ്സിലായില്ല നല്ല ട്രെയിനിങ് കിട്ടിയവൻ നേരെ പോയി അതിനകത്ത് തരും ഒരു മേജറോ ഒരു ജനറലോ ഒരു കേണലോ ലെഫ്റ്റനന്റ് കേണലോ ഒക്കെ ആണെങ്കിൽ ചുരുങ്ങിയത് അഞ്ചു ലക്ഷം പത്ത് ലക്ഷം രൂപ ശമ്പളം പറഞ്ഞൊരു സാധനം ഉണ്ടോന്നറിയാവോ ഇല്ല എവിടെയാണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത് ഇത് നിങ്ങളറിയേണ്ട നിങ്ങളുടെ പിള്ളേരും അറിയണ്ട ഞാൻ അറിഞ്ഞിട്ട് പോയി കാര്യമില്ല ഞാൻ ആ പണിക്ക് പോയിട്ടില്ലാത്തത് കൊണ്ട് തൽക്കാലം രക്ഷപെട കൂട്ടത്തില അറിയേണ്ടത് നിങ്ങളാ നിങ്ങൾക്ക് ഇതില്ല നിങ്ങൾ പറഞ്ഞിട്ടെന്താ കാര്യം അമേരിക്ക ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും വിയറ്റ്നാമിലും ഒക്കെ പണിയെടുത്തതറിയാവോ ഇറാഖിൽ അമേരിക്ക പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ശവശരീരങ്ങൾ വെട്ടിയിലാക്കി അമേരിക്കയിലേക്ക് പോയവരും അറിയാവോ അറിയില്ല അങ്ങനെ അമേരിക്കയിലെ ജനങ്ങൾ ഇളകിയാടിയതറിയാവോ ഏപിന്ന് പറഞ്ഞൊരു സംഭവം കേട്ടിട്ടുണ്ടോ ബോഡി ബാക്ക് കേട്ടിട്ടില്ല ബോഡി ബാക്ക് അങ്ങോട്ട് പോയത് ജീവനുള്ളവൻ തിരിച്ചു വന്നതെല്ലാം ബോഡി മനസിലായില്ല അതിനെതിരെ മൂവ്മെന്റ് അറിയാവോ ഇല്ല മൂമെന്റ് ഉണ്ടായപ്പോൾ മറ്റു രാജ്യങ്ങളിലെ പട്ടാളങ്ങളെ ഉപയോഗിച്ച് ഇറാഖിൽ തങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ കോൺട്രാക്ട് കൊടുത്തവരെ അറിയാവോ അങ്ങനെ കോൺട്രാക്ട് കൊടുക്കാൻ ഉണ്ടാക്കിയ ഒരു പട്ടാള സമൂഹത്തിന്റെ പേരറിയാവോ പി എംഒ ലോകത്തെ ഏറ്റവും വലിയ മിലിറ്ററി സെറ്റപ്പ് പ്രൈവറ്റ് മിലിറ്ററി സെറ്റപ്പാണ് ഫോഴ്സ് എവിടെയെങ്കിലുമൊക്കെ യുദ്ധം ഉണ്ടാകുമ്പോ പോയി യുദ്ധം ചെയ്യുക അത് കഴിഞ്ഞാല് കോണ്ട്രാക്ട് ചെയ്താൽ വീണ്ടുവന്നിരിക്കാൻ പറ്റുമോ ഒന്നര ലക്ഷം ശമ്പളം മേടിച്ച് യുദ്ധം ചെയ്തിട്ട് ആ യുദ്ധത്തിൽ പോന്നു കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റുമോ മനസ്സിലായില്ല അപ്പോ രാഷ്ട്രങ്ങളിലും രാജ്യാന്തര വ്യാപാരങ്ങളിലും ഭീഷണികൾ ഉണ്ടാക്കിയാൽ ഈ ഒന്നര ലക്ഷത്തിന്റെ സ്ഥാനത്ത് പത്ത് ലക്ഷം കിട്ടും ഈ ഇന്റർനാഷണൽ കച്ചവടത്തിന്റെ ഭാഗമാ ഈ ലോകത്ത് മുഴുവൻ നടക്കുന്ന ഭീകരത ജനാധിപത്യത്തിന്റെ ഓരോ ഭരണാധികാരിയും ആവശ്യത്തിന് രാഷ്ട്രത്തെ ഭീതിയിൽ മുക്കി തങ്ങളുടെ അധികാരത്തെ നിലനിർത്താൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഈ കച്ചവടത്തിന്റെ ഭാഗം വഹിക്കും അതിന്റെ ഭാഗമാണ് പി എം എഫ് നയിക്കുന്ന ലോകത്തിലെ ഭീകര പ്രവർത്തനങ്ങൾ മുഴുവൻ ഇതിന് പത്രക്കാർ എഴുതി പിടിപ്പിക്കുമ്പോൾ അതൊക്കെ വായിച്ച് വൈറലാകുന്നതിന് മുമ്പ് തലച്ചോറുണ്ടെങ്കി ചിന്തിക്കുക അതുപോലെ തന്നെയാണ് മുമ്പ് പറഞ്ഞത് ഏതാ അത് ഏ ഏതാണെന്നാ പറഞ്ഞു ആ പരിണാമത്തിന്റെ ജീവികളുടെ അവാന്തര പരിണാമത്തിൽ വരുന്ന ചങ്ങലക്കണ്ണികളെ മുറിക്കാനൊരുങ്ങുന്നത് ഇതുപോലുള്ള കച്ചവടത്തിൻ്റെ ഭാഗമാണ് അല്ലാതെ ജനങ്ങളെ രക്ഷിക്കാനൊന്നുമല്ല അതിൽ ശാസ്ത്രത്തിൻ്റെ ആഴവും പരപ്പുമില്ല ശാസ്ത്രീയമായ ഗവേഷണങ്ങളുമില്ല കാരണം ജീവസഞ്ചയത്തിൻ്റെ പരിണാമ ശൃംഖലയിൽ ഏത് കണ്ണി മുറിഞ്ഞാലും ആ ചങ്ങല ഒന്നിച്ചാൽ പോവുക അവ ദൃഢബദ്ധവും ശാന്തിപൂർവകവുമാണ് അതുകൊണ്ട് നിങ്ങളുടെ ആധുനിക വാദം അവിടെ തന്നെ തെറ്റാണ് നിങ്ങളുടെ ശരീരത്തെ ആ ജീവികൾ പൂർവന്മാരായ ജീവികൾ ഉപയോഗിക്കുന്നുണ്ടാവാം അവ നിങ്ങളിൽ നടന്ന ഫലമായി നിങ്ങളുടെ കോശങ്ങൾ തകരുമ്പോൾ മാത്രം തകർന്ന കോശങ്ങൾക്കകത്ത് വൈറസുകളെയോ അമിതകളെയോ കണ്ടെത്തിയെന്നും വരാം അത് നിങ്ങളുടെ കോശങ്ങളുടെ തകർച്ചയിലവാ ശുദ്ധീകരിക്കാൻ വന്നുകൂടിയവ മാത്രമാണ് തിന്നു തീർക്കാൻ അവയല്ല നിങ്ങളിലേക്ക് രോഗം ഉൽപാദിപ്പിച്ചതും പരിണാമത്തിന്റെ അങ്ങേതലയിൽ നിൽക്കുന്ന മാനവന് രോഗമുണ്ടാക്കുന്നത് അവന്റെ ജങ്ങലെ കണ്ണികൾ തകർത്ത് മാത്രമായിരിക്കും ഭൂതത്തിന്റെയും വർത്തമാനത്തിന്റെയും ഭാവിയുടെയും സംയുക്തമാണ് താനെന്നും മനസിന്റെയും വാക്കിന്റെയും പ്രവൃത്തിയുടെയും സംയോഗമാണ് മാനവനെന്നും ഒക്കെ തിരിച്ചറിയാത്ത വേളകളിൽ അവയെല്ലാം വ്യതിരിക്തമായി തീരുന്നൊരു സംഭ്രമത്തിൽ നിന്നാണ് ഈ ഗൂഢാലോചനകൾ അത്രയും മാനവന്റെ അന്തരംഗത്തിൽ സംജാതമാകുന്നത് അതാണ് രോഗങ്ങളുടെ കാരണവും ഋണാത്മകതയാണ് അതിനെ വളർത്തുന്നതും അതുകൊണ്ടാണ് ഈ രോഗ സംഭാവനയിൽ സാഹിത്യവും ഋണാത്മക കലയും ഋണാത്മക ശാസ്ത്രവുമാണ് മുഖ്യ സഹകാരികളായി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ കാലഘട്ടമായിരുന്നു റെഫർമേഷനും റിബല്യനുമെല്ലാം ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള സംഭാവനയാണ് സെയിൻ പീറ്റേഴ്സ് ബസലിക്കയുടെ പണി മാർട്ടിൻ ലൂതർ കാസിയോയ്ക്കെതിരെ രംഗപ്രവേശം ചെയ്യുന്നത് വ്യവസായ വിപ്ലവം അവാന്തര പരിണാമമായുണ്ടായ കമ്മ്യൂണിസം അനേക രാജ്യങ്ങളിൽ നടന്നിരുന്ന ദൗബല്യം ഇവയെ ചരിത്രപരമായ നേട്ടമെന്ന് നിങ്ങൾ കരുതുമ്പോഴും ആരോഗ്യ ചേർത്ത് വെച്ചതുവരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല പഠിക്കാൻ ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നില്ല പഠിക്കാൻ ഇഷ്ടമുണ്ടെന്നും തോന്നുന്നില്ല ഇതൊക്കെ സ്കൂളിൽ പഠിക്കാനുണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ പഠിച്ച് പരീക്ഷ എഴുതില്ലാതെ തലച്ചോറിലൊന്നും ഉണ്ടെന്ന് കാരണം ഇതൊന്നും പഠിക്കേണ്ട പോലെയല്ല പഠിച്ചതെന്നുമാണ് എനിക്ക് തോന്നുന്നത് അതിനു പറ്റിയ ശിക്ഷകന്മാർ നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെന്ന് ഉണ്ടായിരുന്നവർ പഠിച്ചിട്ടുണ്ടാവും തീർച്ചയാണ് ഒന്നാമത് സാന്ത്വനം വേണമെങ്കിൽ നല്ല അച്ഛനമ്മമാരും നല്ല ശിക്ഷകന്മാരും വേണം ുംഫർമേഷനും നിങ്ങളുടെ വീട് എടുക്കുക നായകനായി ഒരമ്മ ഉണ്ടാവും കുടുംബിനിയായി അച്ഛനും അമ്മയും തമ്മിലുള്ള സംഭാഷണങ്ങൾ വീടിന്റെ ഭരണം കുട്ടികളുടെ ഭാവിയെ പറ്റിയുള്ള ചർച്ചകൾ ചിന്തകൾ സ്ഥലം വാങ്ങൽ വിൽക്കൽ കടം വാങ്ങിക്കൽ കൊടുക്കൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു ക്യാബിനറ്റ് കോൺഫിഡൻഷ്യൽ ഫയൽ പോലെയാണ് അവർ സൂക്ഷിച്ചിരുന്നത് പതിനാറ് വയസ്സ് കഴിഞ്ഞു വന്ന മാത്രമേ അച്ഛനമ്മമാർ സംസാരിക്കുന്നിടത്ത് നിൽക്കാനോ ആ ഫയൽ ഓപ്പൺ ചെയ്യാനോ ആ തീരുമാനങ്ങൾ കേൾക്കാനോ പോലും അനുവദിച്ചിരുന്നുള്ളൂപ്ഷൻസ് ആർ ഒരമ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് പ്രതികരിക്കാം അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഇവിടെ പഠിക്ക് എന്ത് കേൾക്കാനാ വായി നോക്കുന്നു നിക്കുന്നെ പ്രായമായവർ വർത്തമാനം പറയുന്നവരൊക്കെ തോന്നു നിൽക്കരുതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിനോട് കേട്ടിട്ടും കണ്ടിട്ടൊന്നുമില്ല ഏ ആ അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞുമക്കളുടെ അടിയന്തരം ഉണ്ടേച്ച ആവുകയുള്ളൂ അതിനുള്ള ഉത്തരവ് ഞാൻ പറഞ്ഞു തരാം ഭംഗിയായി നിങ്ങളിന്ന് അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ അടിയന്തരം ഉണ്ടല്ല ആദ്യം തിന്നുന്നത് ആദ്യം കുഞ്ഞുമക്കളെ കൊണ്ടുപോയി റിയാലിറ്റി ഷോയിൽ കാണിച്ച് രണ്ടു കോടിയും മേടിച്ച് കുഞ്ഞുമക്കളെ കൊന്നു തന്നു അതിന്റെ അടിയന്തരം ഉണ്ടായിട്ട് നിങ്ങൾ ഈ ആകുന്നു അവരായിരുന്നു വരുമാനമൊക്കെ ഉണ്ടാക്കി തരുന്നത് കുഞ്ഞുമക്കളായിരുന്നു സ്ട്രെസ് ഒക്കെ ഏറ്റെടുക്കുന്നത് തൈറോയിഡ് പ്രോബ്ലം കുഞ്ഞുമക്കൾക്കാ വരുന്നത് മനസ്സിലായില്ല കണ്ണിന് തിമിരം കേട്ടിട്ടില്ല കണ്ണിന് തിമിരം രണ്ടര വയസ്സിൽ കണ്ണിന് തിമിരം വാർദ്ധക്യത്തി വരുന്ന രോഗം പാർക്കിൻസോണിസം പന്ത്രണ്ട് വയസ്സുള്ള കൊച്ചിനെയും പാർക്കിൻസോണിസം ഏഴര വയസ്സുള്ള പെൺകുട്ടി മെൻസസ് ആയിരിക്കുന്നു ഇരുപതിലും പതിനെട്ടിലും പത്തൊമ്പതിലും കഴിഞ്ഞ തലമുറ മെൻസസ് ആയപ്പോൾ ആദ്യമായി ആയപ്പോൾ അതിന്റെ ശേഷം വന്ന തലമുറ പതിമൂന്ന് പതിനാല് വയസ്സിൽ മെൻസസ് ആയപ്പോൾ ഇപ്പൊ ആറര ഏഴും വയസ്സിൽ പെൺകുട്ടികൾ മനസസ്സാകുന്നു ഈ മാറ്റം കണ്ടിട്ട് സന്തക്കും തള്ളയ്ക്കും വിവരമുണ്ടായില്ല വൈദ്യശാസ്ത്രജ്ഞന്മാർക്ക് വിവരമുണ്ടായില്ല ഭരണാധികാരികൾക്ക് വിവരമുണ്ടായില്ല മത നേതാക്കന്മാർക്ക് വിവരമുണ്ടായില്ല വിവരം എല്ലാം കൂടെ കൂടിയപ്പോ തിരുണാത്മക ആരങ്ങ് തകർത്ത് കൊഴുക്കുകയാണ് മൃത്യുലേക്ക് ആരോഗ്യശാസ്ത്രം ചേർത്ത് വെച്ച് വേണം കുടുംബം പഠിക്കാൻ വീട് പഠിക്കാൻ നാട് പഠിക്കാൻ ആധാര ചില ജീവിക്കുന്ന സുധാകര ഭാഷയിലുള്ളവർ ഞാൻ പറഞ്ഞിട്ട് നോവലി ചാണകരൊക്കെ ഉണ്ടാകുന്ന ഞങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് ഏതാണെന്ന് സംശയമില്ലേ ഓണാട്ടകരക്കാരുടെ ഏത് പദവും ഉപയോഗിക്കാം സ്ഥലത്ത് ഏതൊന്നും നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാമോ അതൊക്കെ ഫിറ്റ് ചെയ്യാമോ എനിക്കൊരു ഞാൻ ഓണാൻ പേറെ അതുകൊണ്ട് ആലോചിച്ച് നോക്കാൻ അല്ലെ പറഞ്ഞോ അതിശയൂക്തിയാണോന്ന് അറിവും പക്വതയും വന്ന് സമുദായ ശരീരത്തെ തിരിച്ചറിഞ്ഞ് അച്ഛൻ ഇത് ഇത് അമ്മ അതിന്റെ അച്ചടക്കം മര്യാദ അതിൽ ജീവിക്കുന്ന ആയിരത്തി ഇരുപതുകളിലെ ശേഷം ഉണ്ടായ സാഹിത്യവും കലയും ചരിത്രവും മാറ്റിമറിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം ലോകമെമ്പാടും നടപടി പുരോഗതിയായി ശരിയല്ല ഇത് നമ്മൾ പറഞ്ഞായിരുന്നു ക്യാൻ തരത്തെ അപ്പോൾ ആ കൂട്ടായ്മക്കെതിരെ വാക്കുകൾ കുർക്കുമ്പോൾ മനസ്സു പോകുമ്പോൾ അതുപോലൊരു കൂട്ടായ്മയാണ് താനെന്നത് മറന്നുപോയി ജ്ഞാനേന്ദ്രിയും കർമ്മേന്ദ്രിയും ഹോർമോണുകളും കോശങ്ങളിൽ ചേർന്നൊരു സമുദായമാണ് ഞാൻ മനസ്സിലായില്ല ഞാൻ പുറത്തൊരു സമുദായത്തിനകത്തുനിന്ന് അതിനെതിരെ പോരാടുമ്പോൾ എന്റെ കോശങ്ങൾ എതിനെ എനിക്കെതിരെ ഗൂഢാലോചന നടത്തി പോരാടണമെന്ന് തിരിച്ചറിയാനുള്ള വിവരം നൽകിയില്ല നിങ്ങളുടെ ശാസ്ത്രം ആ ഗൂഢാലോചനകളാണ് നശിപ്പിച്ചത് അല്ലാതെ വൈദസ്വാമിക ഈ സംക്ഷോഭങ്ങളാണിന്ന് നിങ്ങളുടെ ഓരോ ഇന്ദ്രിയവും ഓരോ അവയവവും നിങ്ങൾക്കെതിരായി നീങ്ങുമ്പോൾ സ്വയം മൃത്യുവിയിലേക്ക് നീങ്ങിയും നിന്നെ നശിപ്പിച്ചിട്ടേ ഞാൻ വിശ്രമിക്കുമെന്ന് തീരുമാനിക്കുന്ന നിങ്ങളുടെ അവയവങ്ങളെ ആ രൂപത്തിൽ അറിവിൻ്റെതാക്കിയെടുത്തത് നിങ്ങൾ ഏതൊക്കെ നശിപ്പിക്കാൻ ഒരുങ്ങിയോ അതിന്റെ വാക്കിപത്രമാണ് മനസ്സിലാകുന്നില്ല പിടികിട്ടുന്നില്ല ഇതാണ് നിർണാത്മക ശാസ്ത്രങ്ങൾ നമുക്ക് തന്നത് സാഹിത്യത്തിനും കലക്കുമൊക്കെ ഇതിൽ പങ്കുണ്ട് ഇതറിയാതെയാണ് ഗവേഷണങ്ങൾ നടക്കുന്നത് ഇത് പറയേണ്ടി വന്നത് ഇന്ന് പ്രാഗർഭുത ഗവേഷണങ്ങളിലേക്ക് കൂടി ശാസ്ത്രം കാലുകുട്ടിയിട്ടുണ്ട് കാരണം അർബുദത്തിൽ പലപ്പോഴും എച്ച് പി വി വൈറസ് കണ്ടെത്താറുണ്ട് പ്രത്യേകിച്ചും സർവീക്സിൽ നമ്മൾ നേരത്തെ എടുത്തതുണത് അതുപോലും അത് ഉണ്ടാക്കുന്നത് എച്ച് പി വി വൈറസ് ആണ് എന്നെത്താൽ അബദ്ധം നാളെ വൈറസിന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആവാസ വ്യവസ്ഥയെ സൃഷ്ടിക്കുവാൻ സ്വന്തം ശരീരം തനിക്കെതിരായി തീരുന്നതാണ് ിയും എല്ലാം ഉണ്ട് ആ നിലകളിലേക്ക് നയിക്കുന്നതിനുള്ള പഠനങ്ങൾ പുരോഗമിച്ചു വരികയാണ് ഇതിൽ കാൻസറിനോട് ചേർത്ത് നിർണായകമായി പഠിച്ചിട്ടുള്ളത് എച്ച് പി ആണ് എസ് പി വരുമ്പോൾ ജനിറ്റൽ വാൾഡ്സ് ഉൾപ്പെടെയുള്ളവ ഉണ്ടാവും ഉണ്ടാകുവാൻ കാരണമായ പരിണാമങ്ങൾ സംഭവിച്ചു കഴിയുമ്പോഴാണ് ആ വൈറസ് വരുന്നത് കേരളത്തിൽ ഇത് വളരെ കൂടുതലാണ് ഈ രോഗം അരിമ്പാറ ആ അരിമ്പാറകളാണ് ലക്ഷണങ്ങളായിരുന്നത് അതുകൊണ്ട് എല്ലാ അരിമ്പാറയും ക്യാൻസർ അല്ല നാളെ മുതൽ കണ്ണാടി നോക്കിയിരുന്നു അത് ആവശ്യമില്ലാത്തത് ചിന്തിക്കാനൊന്നും ഇടയാവരുത് അതറിയാവുന്നവർ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അറിയാവുന്നവർക്ക് നോക്കാതെയും അറിയാം അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോ ആ അരിമ്പാടുകളുമൊക്കെ പ്രത്യേകിച്ചും സെർവിക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്ന അന്നനാളത്തിലെ ക്യാൻസർ ഉണ്ടാക്കുന്ന ഇത് രണ്ടുമാണ് എസ് ടി വലിയ ലോകം ഈസോഫേഗസിലെ ക്യാൻസർ അത് തുടങ്ങുന്ന ആയിട്ടാണ് വളരെ ചെറിയ മരുന്നുകൾ കൊണ്ട് മാറുന്നതാണ് വളരെ നിസ്സാരം ഒരു മഹാദിഗ്ത ഘൃതത്തിൽ മാറുന്നതാണ് സഹദേവിയിൽ മാറുന്നതാണ് പോവാൻ കുറുന്നില്ല അത് പരിചയമായിരിക്കും സഹദേവി പരിചയമായിരിക്കില്ല കാരണം അവൾ സഹദേവിയാണ് സഹദേവിയ സഹദേവി കൂടെയുള്ളവളാണ് സഹചരയും സഹദേവിയൊക്കെ ആയുർവേദത്തിലെ അത്ഭുതഔഷധങ്ങളാണ് മനസ്സിലായില്ല കൂടെ ചരിക്കുന്നവളാണ് സഹചര മനസ്സിലായില്ല സഹചര എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നിങ്ങളുടെ കുറുതോട്ടിയല്ല കുറിഞ്ഞി കരിയും കുറിഞ്ഞി കരിം കുറിഞ്ഞി ൊന്നുംല്ല അപൂർവമായി കഴിഞ്ഞാട്സൊക്കെ വരുന്നത് നല്ലപോലെ വ്യാപിച്ചിട്ട ലക്ഷണങ്ങൾ കാണുക പഴയ കാലത്താണെങ്കിൽ പ്രായപൂർത്തിയായ സ്ത്രീകളിൽ ടൈമിൽ വരുന്ന ഡിസ്ചാർജ് ഒഴിച്ച് ഡിസ്ചാർജ് കണ്ടിന്യൂസ് ആയി നിൽക്കുന്നു എങ്കിൽ അത് ഇന്ത്യയിൽ ഇന്ത്യയിൽ സംഭാവന ചെയ്ത രോഗമാണിത് പോർച്ചുഗലിന്റെയും ഡച്ചിന്റെയും സാമീപ്യമിത്യക്ക് വരദാനമായി തന്നതാണ് ഗൊണോറിയയും സിഗിലീസും ഇന്ത്യൻ മണ്ണിൽ അതിന്റെ വൈറസുകൾ സൂര്യപ്രകാശത്തിൽ നിലനിൽക്കാനാവാതെ ഒട്ടേറെ പരിണാമങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് വൈറോളജിയുടെ അനന്ത സാധ്യതകളിലൂടെ അതിന്റെ അമിനോ അംഗളങ്ങളെ എത്ര അത് പരിണമിപ്പിച്ചിട്ടുണ്ടെന്ന് കഷ്ടപ്പെട്ട് പഠിച്ചു നോക്കണം മനസ്സിലാകുന്നില്ലെന്നാവുന്നു ഇന്ത്യയിൽ രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ ജനത കൊമേഴ്സ്യലായി കാണാത്ത ഒന്നായിരുന്നു അവന്റെ സെക്സ് ൈംഗിക ജീവിതം ഭാരതീയന്റെ പാരമ്പര്യത്തിൽ കൊമേഴ്സ്യൽ ആകാതിരിക്കുന്നതിനുള്ള ഏർപ്പാടുകൾ വേണ്ടത്ര ഉണ്ടായിരുന്നു ചരിത്രത്തിന്റെ പണ്ടൊരു അത് പറഞ്ഞാൽ ഒരുപാട് കോണം ദേവദാസി സിസ്റ്റവും ഒക്കെ അത്തരമൊരു രാജ്യത്തേക്ക് വണിക്കുകൾ പലപ്പോഴും കച്ചവടക്കാരുടെ ജീവിതത്തിലാണ് മര്യാദകളില്ലാതെ വരിക കച്ചവടക്കാർ ഇടയ്ക്കെങ്ങാനിരിക്കമിക്കുക അത്രേ പറയാൻ നിവർത്തിയുള്ളൂ കച്ചവടക്കാരന് എല്ലാം ത്രാസിൽ തൂക്കുന്ന കച്ചവടമല്ലാതെ മറ്റൊന്നും അറിയാൻ വഴിയില്ല ശീലമതായതുകൊണ്ട് ആ ജനിതകങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും ശരിയല്ല അതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ കച്ചവടക്കാർക്ക് സമാജത്തിൽ വലിയ മാന്യത കൊടുത്തിരുന്നില്ല വിവാഹത്തിന് മകളെ ഒരു കച്ചവടക്കാരനെ പിടിച്ചു കൊടുക്കാൻ ആരും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല പുതിയ തലമുറ എല്ലാവരും കച്ചവടക്കാരായതുകൊണ്ട് അതിന് ഏറ്റവും മാന്യതയുള്ളത് കച്ചവടക്കാരനായിട്ടുണ്ട് വൈശ്യൻ സമാജത്തിലെ ഏറ്റവും മാന്യനായി മാറിയിട്ടുണ്ട് രസിക്കുന്ന കാര്യങ്ങളാവാൻ ആവാൻ വഴി കുറവാണ് പക്ഷെ ശരിയല്ലെന്ന് ശരിയല്ലെന്ന് എൻ്റെ മോത്വ നിങ്ങൾ പറയില്ലെന്നുള്ളൊരു കണ്ടിടം മാത്രമേ നിങ്ങൾ പറഞ്ഞേക്കും ശരിയാണ് പക്ഷേ